ശിവസംഭാം സ ഭാഷയോ യുഷനി ഗാന്ധാരനദക്ഷം ആജന വിസൃത് സാങ്കോദനം പ്രമുച്ച പ്രബ പണ്ഡിതോ മേധാവീാരമേവാൻ പുറഷോ തരം യാവുന്ന വിമോക്ഷ്യ സ േഷനി മാധാമിം സത്യം സ ആത്മാേതോ ഭൂയ ഭൻ വിജ്ഞാപയ തൗമ്യേ ദോവാച ആചാര്യവാൻ പുരുഷോ വേദി തമാഗനം ക്ഷേമ താത്മസ്വരുപംതി വാക്കശേഷൻ പുരുഷോ വേദ തിരം ആചാര്യവാന് പുരു ആചാര്യവാനായ പുരുഷൻ അറിയും ആചാര്യവാന് ഗുരുവുള്ള ഗുരുവൻ ഇതിനറിയുന്നു തസി താപദേവചീല അവന് താപദേവചീലം എന്ന് വെച്ച കാലതാമസം അവൻ അത്രമാത്രമേ കാലതാമസമുള്ളൂ എന്തിന് എന്ന് ബാക്കി ഇവിടെ ശ്രുതി പറയുന്നില്ല അതുകൊണ്ട് ഇവിടെ ഭാഷകാരൻ പറഞ്ഞു സദാത്മ സ്വരൂപ സമ്പത്തേ സദാത്മ സ്വരൂപപ്രാപ്തിക്ക് ഇത്രയും താമസിച്ചു ഏതിനോ യാവെന്ന വിമോക്ഷി ശരീരപാദം വരെ ശരീരക്ഷയം വരെ അത്രയുള്ള കാല താമസം അപ്പൊ അവിടെ ഒരു കാലതാമസത്തെ കുറിച്ച് പറയുന്നു രണ്ടു കാര്യം പറയുന്നു ഒന്നെന്താണ് ആത്മജ്ഞാനപ്രാപ്തി മറ്റൊന്ന് സ്വരൂപസമ്പത്തി എന്ന് പറയുന്നു ആത്മജ്ഞാനവും സ്വരൂപസമ്പത്തിയും തമ്മിൽ എന്താ വ്യത്യാസം ശരീരപാതത്തെ അപേക്ഷിക്കുന്നു അതിനുവേണ്ടി ഇവിടെ പറഞ്ഞു ആചാര്യവാൻ പൃശ്ശോ വേദി തസ്യ അസ്യൈവം ആചാര്യം ഇതുവരെ വിശദീകരിച്ച രീതിയിൽ വിശദീകരിച്ചെന്താണ് ഉദാഹരണത്തിലൂടെ ഒരു സാധുവിനെ കള്ളന്മാർ കൈയും കാലും കെട്ടി ഗാന്ധാര ദേശത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയി കൊടുമ്പനത്തിൽ ഉപേക്ഷിച്ചു അയാള് വഴിയെറിയാതെ കണ്ണു കാണാൻ വയ്യാതെ ഗാന്ധാരത്തിലെത്താൻ കഴിയാത്തോണ്ട് അവിടെ നിലവിളിച്ചും ഒരു മറ്റൊരു വഴിയാത്രക്കാർ മറ്റു ഒരാൾ അയാളെ ആ ബന്ധനത്തിൽ നിന്ന് മുക്തനാക്കി എനിക്ക് ഇതാണ് ഇന്ന ദിക്കിലേക്കാണ് പോകേണ്ടത് ആ ഉപദേശം മനസ്സിലാക്കി അയാൾ സ്വയം പണ്ഡിത മേധാവി പണ്ഡിതനും മേധാവിയുമായ അയാൾ ഗ്രാമ ഗ്രാമാന്തരം പിടിച്ച് ഒരു ഗ്രാമത്തിൽ നിന്ന് വേറൊരു ഗ്രാമത്തിലേക്ക് ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് എത്തിച്ചേർന്നു അപ്പൊ അവിടെ ഒരാള് ആ വഴിയെ കുറിച്ച് ശരിയായി ഭൂതമുള്ള ഒരാള് വഴി പറഞ്ഞുകൊടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാം ഇപ്പൊ കാര്യങ്ങളിൽ വഴി പറഞ്ഞു കൊടുക്കുന്ന ആളിനാണ് കൂടുതൽ പ്രാധാന്യം കാരണം അയാൾക്കൊരു കാരുണ്യം വേണം അയാൾക്ക് വഴിയെക്കുറിച്ച് ശരിയായ ബോധം വേണം എന്നുള്ള ബുദ്ധി സാമർഥ്യം കഴിവ് എല്ലാ അയാൾക്ക് വേണം എന്നാലേ അത് പറഞ്ഞ് മനസ്സിലാക്കി ഒരാളെ നടത്തിക്കാൻ പറ്റും ഇവിടെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം ഉപദേശത്തിനും ആചാര്യനേക്കാൾ പ്രാധാന്യം ഉപദേശത്തിനാണ് എന്തുകൊണ്ട് ഇവിടെ ഉപദേശിക്കുന്നത് ശ്രുതി ശ്രുതിയെ കുറിച്ച് പറയുന്നത് അനാദിയാണോ ച ഉപദേശം ഒരു ആചാര്യന്റെ സ്വന്തമാണ് മറിച്ച് അത് ഒരു പരമ്പരയാണ് ആ പരമ്പരയിൽ ഒരുപാട് ആചാര്യന്മാരുണ്ടാവും പക്ഷെ പരമ്പരയിൽ ശ്രുതി ഉപദേശം ഒന്നേ ഉള്ളൂ അത് വ്യത്യാസം ആചാര്യന്മാർ പലതാകാം പലതാണ് പക്ഷെ ശ്രുതിക്ക് മാറ്റമില്ല ആ നിലയ്ക്കാണ് ശ്രുതിക്ക് ആചാര്യനെക്കാളും പ്രാധാന്യം വരുന്നത് എന്തുകൊണ്ട് ആചാര്യൻ മാറിയിട്ട് ശ്രുതി മാറുന്നില്ല മാറാതെ നിൽക്കുന്നു എന്നുള്ളതാണ് ശ്രുതിയുടെ പ്രാധാന്യം അങ്ങനെയുള്ളൊരു ശ്രുതിയെ സ്വയം സ്വീകരിച്ച് വെളിപ്പെടുത്തുന്നു ഇത്രയുള്ള ഒരു ആചാര്യന് ഇത് അദ്വൈതത്തെ സംബന്ധിച്ചുള്ള നിലപാടാണ് അതുകൊണ്ട് ഭാഷകാരൻ എവിടെയെല്ലാം ഇതിനെ കുറിച്ച് പറയുമ്പോ അവിടെയെല്ലാം മുഖ്യപ്രമാണമായി സ്വീകരിക്കുന്നത് ശ്രുതിയാണ് ആചാര്യന്മാരാണ് ആചാര്യന്മാരെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട് ആചാര്യ പ്രണീതം എന്ന് പറയും പറയും ഇതാനീന്ദനം ഇപ്പോഴുള്ള മഹാത്മാക്കളും ഇതിനെയൊക്കെ പറയുമെങ്കിലും അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല ശ്രുതിയുടെ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്തെങ്കിലും ഒരു ആശയത്തിനൊരു അവ്യക്തത വരുന്നിടത്ത് പക്ഷുകാരൻ ഏതെങ്കിലും ഒരു ആചാര്യനെ പറയില്ല ഇന്ന ആചാര്യം പറഞ്ഞിരിക്കുന്നു സാധാരണ നമ്മൾ പറയാത്തോ ഗുരു പറഞ്ഞു പിന്നെ ആചാര്യം പറഞ്ഞു രമണ മഹർഷി പറഞ്ഞു രാമകൃഷ്ണദേവൻ പറഞ്ഞു എന്നൊക്കെയാ നമ്മള് പറയുന്നു കഷിക്കാരനത് പറയത്തില്ല വ്യാസൻ പറഞ്ഞു വസിഷ്ഠം പറഞ്ഞു ഇങ്ങനെ പറയാതിരുന്നിട്ടില്ല പക്ഷെ അതല്ല ശൈലി രീതി അതല്ല മനുഷ്യ അവിടെ എല്ലാം പറയുന്നെന്താണോ ശ്രുതേഹേ ഇതി ശ്രുതേഹേ അല്ലെങ്കിൽ പിന്നെ പറയുന്നത് സ്മൃതി ഗീത ശ്രുദേഹി ചെറുത്വറയും ഭഗവത പിത്തും ഭഗവാനും പറഞ്ഞു അത് മറന്നിട്ടല്ല പറയുന്നത് അങ്ങനെ പറഞ്ഞെങ്കിലും അവിടെ പ്രാധാന്യം വരുന്നത് എന്നുകൊണ്ട് അത് ശ്രുതി ആയതുകൊണ്ട് ശ്രുതി രീതിയിലാണ് അപ്പൊ ആചാര്യം എന്ന് പറയുമ്പോഴാണ് അത്തര ശ്രുതിയെ ഗ്രഹിച്ച് വെളിപ്പെടുത്തുന്നതാണ് അങ്ങനെ നമ്മുടെ അദ്വൈതത്തെ സംബന്ധിച്ച് അങ്ങനെ ആ ശ്രുതിയിലൂടെ ശ്രുതി താല്പര്യ അതിന് പഴയ കാലത്ത് പഴയ രീതി അനുസരിച്ച് പഴയ വ്യവസ്ഥ അനുസരിച്ച് വേദം അധ്യയനം ചെയ്ത് പിന്നീട് അതിൻ്റെ അർത്ഥ വിചാരം ചെയ്ത് പുനിഷത്ത് വിചാരം ചെയ്ത് അതിലൊന്ന് തത്വത്തഗ്രഹിച്ച് അപ്പോ ആരോഗം കേവലം വേദമൂലകമാണോ പക്ഷെ ശ്രുതി തന്നെ പറയുന്നുണ്ട് അങ്ങനെ വേദം ശ്രോത്രിയൻ വേദാധ്യയനം ചെയ്തതെന്നാണ് എൻ്റെ അർത്ഥം വേദാധ്യനം കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ലെന്നും പറയുന്നു അടുത്ത് വരുന്നത് അതാണ് ചർച്ചയിൽ നാലുമാർ പറഞ്ഞത് വേദത്തിനല്ല വേദത്തിന്റെ താല്പര്യം ഗ്രഹിക്കുക അതാ ശ്രുതിയുടെ ലക്ഷ്യത്തെ ഗ്രഹിക്കുക ആ താല്പര്യത്തെ ഗ്രഹിക്കുക താല്പര്യത്തെ ഗ്രഹിക്കാതെ ശ്രോത്രിനാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല താല്പര്യം ഗ്രഹിച്ച ആൾ അതാണ് ഇവിടെ പറയുന്ന ആചാര്യൻ എന്ന് പറയുന്നത് ഉപദേശിക്കുന്ന ആള് വ്യാഖ്യാനത്തിൽ പറയും എന്താണ് യു വാക്യാർത്ഥാന് വാക്യമേവ പായ താഥാപദേശിച്ച ജനിത അതിശയദർശന എന്ന് പറഞ്ഞാല് പ്രാമുഖ്യം ഉപദേശത്തിന് തന്നെ സംശയം ശ്രുതിവാക്യത്തിന് പക്ഷെ ശ്രുതിവാക്യത്തെ ഉഗ്രഹിച്ച നാരദനെ പോലെയുള്ളവർ പോലും പറയുന്നു എനിക്ക് മനസ്സിന് വിശ്രാന്തിയില്ല സമാധാനമില്ല യോഗവും എല്ലാം സ്വീകരിച്ചാണ് എന്ന് പറയുമ്പോ എന്താ അതിന്റെ താല്പര്യം ആചാര്യൻ അതിനെ ഉപദേശിക്കുമ്പോ അതിനൊരു വിശേഷതയുണ്ട് അത് കേവലമായ ശ്രുതിയുടെ അധ്യയനം കൊണ്ട് കിട്ടാത്താണ് ഗ്രഹിക്കുക എന്നുള്ളത് അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കുക അപ്പൊ ശ്രീജീ ഒരാൾക്ക് ഏറ്റു ചൊല്ലുന്നതിന് താല്പര്യം ഗ്രഹിക്കണമെന്നില്ല കാരണം അത് ശബ്ദാത്മകമാണ് ശബ്ദത്തെ ആ ആർക്ക് വേണോ ഗ്രഹിക്കാം ആർക്ക് ചെയ്യാം മറിച്ചാൽ ശബ്ദത്തിന്റെ താല്പര്യത്തെ എന്താണ് എന്നുള്ളത് ശങ്കരാചാര്യനെ ക്ഷേപമുള്ളതാണ് സ്വസിദ്ധാന്ത പക്ഷപാതി എന്ന് പറയും സ്വസിദ്ധാന്തത്തിനോട് പക്ഷപാതമുള്ളതുകൊണ്ടാണ് പക്ഷപാതം എന്ന് പറഞ്ഞാൽ ശ്രുതിയിൽ അതിനനുകൂലമല്ലാത്ത ഭാഗങ്ങൾ വന്നാലും അതിനനുകൂലമായി വ്യാഖ്യാനിക്കും അതിനെ വ്യാഖ്യാനിക്കത്തുള്ളൂ അതുകൊണ്ടത് ശരിയല്ല എന്ന് പറയും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേവലം ശ്രുതിയിൽ നിന്ന് കണ്ടെത്തുകയല്ല ഈ തത്വത്തെ അങ്ങനെ ശ്രുതിയിൽ നിന്നാണ് കണ്ടെത്തിയിരുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് തന്നെ കണ്ടെത്തിയല്ല ശങ്കരാചാര്യനും രാമാനുജനും മാധനും എല്ലാം ഒന്ന് കണ്ടെത്തിയത് അങ്ങനെയല്ലല്ലോ എല്ലാവരും വിദ്വാൻമാരാണ് ദിവ്യന്മാരാണ് യോഗ്യന്മാരാണ് ആ തരത്തിലെല്ലാം തികഞ്ഞവരാണ് ശാസ്ത്രപാണ്ഡിത്യത്തിന്റെ കാര്യത്തിലായാലും അവരുടെ ധർമ്മനിഷ്ഠയുടെ കാര്യത്തിലായാലും ഏതിനായാലും അവരെ ഉത്തമന്മാരാണ് ആചാര്യന്മാരാണ് എന്നാലും ഓരോരുത്തരും ശ്രുതി നിന്ന് കണ്ടെത്തുന്നത് വേറെയാണ് എന്താണ് കാരണം അവരവരുടെ ഉള്ളിലുള്ളതാണ് ശ്രുതിയിലൂടെ അവർ കണ്ടെത്തുന്നത് ശ്രുതി നിന്ന് വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തൻ്റെ അനുഭവത്തിന് ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്നു അതാണ് അപ്പൊ സ്വ അനുഭവത്തിനാണ് അതിനാണ് പ്രാധാന്യം അപ്പോൾ ഈ സിദ്ധാന്ത പക്ഷപാതം എന്നൊരു ആക്ഷേപമല്ല സ്വസിദ്ധാന്തം എന്നൊരു തന്റെ അനുഭവമാണ് തന്റെ അറിവാണെന്നോ തൻ്റെ അനുഭവം എന്നു പറയും ആ അറിവ് എത്രയും കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണല്ലോ ഇപ്പൊ ഒരാൾ പറയുന്നത് ആ ബ്രഹ്മ അല്ല സത്യം ഈ ജഗത്താണ് സത്യം അയാളുടെ അനുഭവം അതാണെങ്കിൽ അയാൾ അതിനെ സമർത്ഥിക്കും ശ്രീ അങ്ങനെ വയ്ക്കാനിരിക്കും മറ്റൊരാൾ പറയണല്ല ജഗത്ത് ബ്രഹ്മസ്വരൂപമാണ് എന്ന് പറയുന്നെങ്കിൽ അത് അയാളുടെ അനുഭവം അതങ്ങനെ വയ്ക്കാൻ ഒരാൾ നമ്മൾ നാസ്തികനെന്ന് പറയും ഒരാൾ നമ്മൾ ആസ്തികനെന്ന് പറയും ഇതെല്ലാം എന്താണ് അവനവന്റെ അറിവാണ് അവനവന്റെ കാഴ്ചപ്പാടാണ് അപ്പൊ സ്വന്തം അറിവിന് പ്രമാണമായി ശ്രുതിയെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ സ്വന്തം അറിവിനെ ശ്രുതിയിലൂടെ വെളിപ്പെടുത്തുന്നു അദ്വൈതമൊന്നും ഇഷ്ടാദ്വൈതമൊന്നും അദ്വൈതമൊന്നും എല്ലാം പേര് വരുന്നത് ശ്രുതിയിലൂടെ അദ്വൈതമാകുന്ന അനുഭവത്തെ വെളിപ്പെടുത്തുന്നു അവനാണ് എന്ന് പറയുന്നത് അവന് ശ്രുതിയെ അപ്പൊ ശ്രുതിയിലതുണ്ടോ അങ്ങനെ ഒരു താല്പര്യം ശ്രുതിയിലങ്ങനെ ഒരു താല്പര്യം ഉള്ളത് കൊണ്ടാണ് അത് കണ്ടെത്തുന്നത് പക്ഷേ ശ്രുതിയിൽ നിന്ന് അങ്ങനെ ഒരു ആശയത്തെ കണ്ടെത്തണമെങ്കിൽ തൻ്റെ ഉള്ളിലത് വേണം തൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആശയം ഉണ്ടെങ്കിൽ ശ്രുതി കണ്ടെത്താൻ പറ്റും ശങ്കരാചാര്യ തത്വം മസി എന്ന് വ്യാഖ്യാനിച്ചപ്പോൾ എന്ത് ചെയ്തു സദാത്മീകത്വം സദാത്മതത്വം എന്ന് വ്യാഖ്യാനിച്ചു അതാണ് തൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് രാമാനുജനവും മാധുനോ ഒക്കെ വ്യാഖ്യാനിക്കുമ്പോൾ തസ്യ തോമസി ഇങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഇനി ഈശ്വരൻ്റെതാണ് ഈശ്വരൻ മേരെയാണ് ഇങ്ങനെ വ്യാഖ്യാനിച്ചു എന്തുകൊണ്ട് അങ്ങനെ വന്ന അവരുടെ ഉള്ളിലിരിക്കുന്ന അതാണ് അപ്പോൾ ഈ സ്വസിദ്ധാന്തപക്ഷപാതം എന്ന് പറയുന്നത് ഒരാക്ഷേപല്ല അതൊരു വസ്തുതയാണ് ഒരു സത്യമാണ് അത് ദോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ ആചാരൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതാണ് ആ താത്പര്യത്തെ ഗ്രഹിച്ചവൻ ആ താത്പര്യത്തെ ഗ്രഹിച്ച് വെളിപ്പെടുത്തുക പക്ഷെ അത് അദ്വീതികൾക്കൊരു നിർബന്ധമുണ്ട് അതിന് ശ്രുതിയെ ആശ്രയിക്കണം ശ്രുതിയിലൂടെ തന്നെ വേണം എന്ന് പറയും അതിന് കാരണം ഞാൻ പറഞ്ഞാണ് എന്താണ് ആചാര്യന്മാർ മാറും ഓരോ ഓരോരുത്തരുടെ ശരീരം എടുത്ത് മറയും പക്ഷെ ശ്രുതിക്ക് മാറ്റമില്ല അപ്പം മാറ്റമില്ലാത്ത ഒന്ന് വേണമല്ലോ എപ്പോഴും ആലംബനത്തിൽ ആചാര്യന്മാരുടെ വ്യാഖ്യാനത്തിലോ വിശദീകരണങ്ങളിലോ ഒക്കെ ചെറിയ ഭേദങ്ങൾ വന്നാലും ശ്രുതിയെ ആശ്രയിച്ച തത്വം മാറ്റമില്ലാതെ നിൽക്കും തത്വമസിന്ന് പറയുന്നതിന് ആർക്കും അതിനെ വ്യാഖ്യാനങ്ങളെ മാറ്റാൻ പറ്റുള്ളൂ തത്വമസിയെ മാറ്റാൻ പറ്റുന്നു അതിന്റെ താല്പര്യത്തെ ഇവിടെ പറയുന്ന ഭക്ഷ്യകാരനുസരിച്ച് അതിന്റെ ആ അദ്വൈതപരമായ താല്പര്യത്തെ ആ താല്പര്യത്തെ ഗ്രഹിച്ച് പറയുമ്പോ അതിനുള്ള ഉപദേശവും പക്ഷെ അതിൽ വരുന്ന വ്യത്യാസം എന്താണോ ഉപദേശ ജനിത അതിശയദർശന ആചാര്യനോട് ഒരു പ്രാധാന്യമുണ്ട് കാരണം വേദം ഒരാള് അധ്യയനം ചെയ്യുന്നു സ്വാധ്യായം അനുഷ്ഠിക്കുന്നു അവിടെ ഒരാചാര്യനുണ്ട് വേദം ചൊല്ലിക്കൊടുക്കുന്ന ആള് അതും ആചാര്യൻ തന്നെയാണ് അത് വേദം ഒരാൾ മരണം വരെ ചൊല്ലുന്നു അവിടെ ആചാര്യനും ശിഷ്യനും ഇത് ഗ്രഹിക്കണമെന്നില്ല എൻ്റെ താല്പര്യത്തെ മർമ്മത്തെ ഗ്രഹിക്കണമെന്നില്ല അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യാർഥത്തെ ഗ്രഹിക്കണമെന്നില്ല അപ്പൊ അങ്ങനെ ചൊല്ലിക്കൊടുക്കുന്നു ജീവിതകാലം മുഴുവൻ ചൊല്ലിക്കഴിഞ്ഞിട്ട് അവസാന ഒരാൾ പറയും എൻ്റെ ജീവിതം തന്നെ വ്യത്ഥമായി പോയി വേദം എന്ന് പറയും അങ്ങനെ പറയുന്നെത്തിട്ടില്ല എന്തുകൊണ്ടും ഒരാചാര്യനാണ് പക്ഷെ ചൊല്ലിക്കൊടുത്ത ആചാര്യനെ താല്പര്യം ഗ്രഹിച്ചല്ല താല്പര്യത്തെ വെളിപ്പെടുത്തിയില്ല ശിഷ്യന് അതിന്റെ താല്പര്യം ഒട്ട് ഗ്രഹിക്കാനും പറ്റിയില്ല അപ്പൊ ഇവിടെ പറയുന്നു ആചാര്യനും പ്രത്യേകതയുണ്ട് ആ പറയുന്നതാണ് ആചാര്യ ഉപദേശ ദർശനം ഈ ശ്രുതിയുടെ താല്പര്യത്തിൽ വരുന്ന അതിശയം വിശേഷത ഒരു വിശേഷതീ കാണും അതിശയം എന്ന് പറയുമ്പോഴത്താണ് അത്ഭുതം എന്നാണ് അത്ഭുതം അർത്ഥത്തിന് തെറ്റൊന്നുമില്ല വിശേഷത അത്ഭുതമാണ് ചില അതിശയം എന്ന് പറഞ്ഞാൽ അത്ഭുതം പറയാൻ പാടില്ല തെറ്റാണ് സംസ്കൃതം അങ്ങനെ അല്ലെന്നൊക്കെ പറയും മുറിവിദ്വാൻമാരാണ് അത്ഭുതം നിർത്തും പറയാം മത്സ്യം അതിലൊരു അത്ഭുതമുണ്ട് എങ്ങനെ ഒരാചാര്യൻ ഇത് ചൊല്ലിക്കൊടുക്കുന്നു ശേഷി നേറ്റുചൊല്ലുന്നു ആചാര്യനും മാറ്റമില്ല ശിഷ്യനും മാറ്റമില്ല പക്ഷെ അങ്ങനെയല്ല ഒരാചാര്യനെ താല്പര്യം ഗ്രഹിക്കുന്നു താല്പര്യത്തെ ഉപദേശിക്കുന്നു അതൊരത്ഭുതമാണ് അച്ചരി പശു പശു എന്ന് പറയുന്നില്ല അങ്ങനെ ഒരു ആശ്ചര്യം അതിനകത്തുണ്ട് ഒരു സവിശേഷതയുണ്ട് വിശേഷതകളെല്ലാം നമുക്ക് ആശ്ചര്യത്തിൽ ഉണ്ടാക്കുന്നു അസ്വാഭാവികമായി എന്ന് നിങ്ങളുടെ നമ്മൾ ഇതെന്താ ഇങ്ങനെ നമ്മൾ അത്ഭുതപ്പെടുത്തും അപ്പൊ അങ്ങനെ ഒരു അത്ഭുതം ആശ്ചര്യം ആചാര്യനിലൂടെ ഉപദേശത്തിലുണ്ട് അതുകൊണ്ട് ആചാര്യന് പ്രാധാന്യം ആചാര്യന്റെ പ്രാധാന്യം ഒരു തരത്തിൽ ശ്രുതിയുടെ പ്രാധാന്യം മറ്റൊരു തരത്തിൽ ശ്രുതിയിൽ നിന്ന് ആ താല്പര്യത്തെ ആചാര്യനെ വെളിപ്പെടുത്താൻ കഴിഞ്ഞാൽ പിന്നെ അവിടെ ശ്രുതിക്കും പ്രാധാന്യമില്ല ശ്രുതി കൊണ്ട് എന്താ ഇയാൾക്ക് ഗുണമുണ്ടായത് ജീവിതകാലം മുഴുവൻ ഭാരഹാരം ഇല്ല യാത്ര പറഞ്ഞ പേരും ഭാരജ നോക്കുന്ന കഴുക ഒരു ഗുണമുണ്ടായിരുന്നു അവിടെ ശ്രുതി അയാളെ സംബന്ധിച്ച് വ്യർത്ഥം ശ്രുതിക്ക് അവിടെ ഒരു പ്രാധാന്യം രണ്ടു കൂടെ ചേരണം ശരിയായ പ്രാധാന്യം വരണമെങ്കിൽ ശ്രുതിയുടെ താല്പര്യവും ആചാര്യന് തൊണ്ടന്നെ പറയും ശ്രുതി എന്ന് പറയുന്നത് കേവലം ശബ്ദമല്ല താല്പര്യ സഹിതമായ ശബ്ദമാണ് അവിടെ ശ്രുതി എന്ന് പറയുന്നതിന് ശബ്ദത്തെയും ശബ്ദത്തിന്റെ താല്പര്യത്തെയും കൂടെ ആയിട്ടുണ്ട് പിന്നെ അതിലേദന പ്രാധാന്യം ശബ്ദത്തിനോ താല്പര്യത്തിനോ താല്പര്യത്തിനോ ആണ് പ്രാധാന്യം അതുകൊണ്ട് ശ്രുതിയുടെ താല്പര്യത്തെ ഗ്രഹിച്ചാൽ മതി ഒരാൾ ശ്രുതി ഗ്രഹിച്ചില്ലെങ്കിലും അക്ഷരാനുപൂർവീ എന്ന് പറയും ശ്രുതി അക്ഷരക്രമം ആ അക്ഷരക്രമം ഒരാൾ ഗ്രഹിച്ചില്ലെങ്കിലും താല്പര്യത്തെ ഗ്രഹിച്ചാൽ അതിനാണ് മുഖ്യം അതാണ് യഥാർത്ഥ ശ്രുതി എന്ന് പറയുന്നത് അതുകൊണ്ട് ശബ്ദജാലമല്ല ശ്രുതി ശബ്ദാർത്ഥമാണ് ശ്രുതി എന്നും പറയും അതിനാണ് പ്രാധാന്യം ആ താൽപ്പര്യത്തെ ഗ്രഹിച്ച ഒരാള് ഇപ്പൊ ശ്രുതിയിൽ നിന്നും പ്രാധാന്യം താല്പര്യത്തിനൊന്നും ശ്രുതി താല്പര്യത്തിൽ അത് അതിൽ നിന്ന് ഗ്രഹിക്കണമെങ്കിലോ അവന്റെ ഉള്ളിൽ വേണം എന്നാലേ പറ്റും എന്നാലേ ഗ്രഹിക്കാൻ നമ്മൾ പറയും വാസന സംസ്കാരം ഇത്തരം കാര്യങ്ങളില്ലെങ്കിൽ ഗ്രഹിക്കാൻ പറ്റത്തില്ല ചോദ്യം അനുകൂലമായത് പലതും അയാളുടെ അന്ധകരണത്തിലുണ്ടായിരിക്കും അപ്പോൾ അയാൾക്ക് ആ താല്പര്യത്തെ ഗ്രഹിക്കാൻ പറ്റും ആ താല്പര്യത്തെ ഗ്രഹിച്ച് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആചാര്യ ഉപദേശ ജനിത അതിശയ ദർശനമാണ് അതുകൊണ്ട് തത് ഉപദേശവും അപഗത്യന്താ വാക്യാർത്ഥ ഞാന് പ്രഥമ അതുകൊണ്ട് ആ ഉപദേശത്തിന് ആണ് ഇവിടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇതിനേക്കാൾ പ്രാധാന്യം ശ്രുതിവാക്യത്തെക്കാൾ പ്രാധാന്യം ഈ ശ്രുതിവാക്യവും ഉപദേശവും നമ്മൾ വ്യത്യാസമുണ്ട് ശ്രുതിവാക്യത്തക്കാൾ പ്രാധാന്യം ഉപദേശത്തിനെന്ന് പറയുമ്പോൾ രണ്ട് രണ്ടായി ശ്രുതിവാക്യം മേരെ ഉപദേശം മേരെ ഒന്നായി ശ്രുതിവാക്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു കേവല ശബ്ദം അത് മുഴുവൻ ഒരാൾ ചൊല്ലിക്കൊണ്ടിരുന്നു അവന്റെ പ്രയോജനമൊന്നും ഉണ്ടായില്ല അപ്പൊ അതല്ല ഉപദേശം എന്തുകൊണ്ടോ അവിടെ ശ്രുതിവാക്യം ഉണ്ടായിരുന്നു ഉപദേശം ഉണ്ടായിരുന്നില്ല ശ്രുതിവാക്യത്തെ ആശ്രയിച്ചുള്ള ഉപദേശം ഉണ്ടായില്ല ആ ഉപദേശത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഗീത തുടങ്ങുന്ന സമയത്ത് ആ ഉപദേശം എന്ന് പറയുന്നത് എന്താണോ ഒരാൾ ഗ്രഹിച്ചിരിക്കുന്നത് ആ ഗ്രഹിച്ചിരിക്കുന്ന കാര്യത്തെ മറ്റൊരാളിലേക്ക് സംക്രമിപ്പിക്കുക അതാണ് ഉപദേശം എന്ന് പറയുന്നത് താൻ ഗ്രഹിച്ചത് മറ്റൊരാളും ഗ്രഹിക്കണം ഗ്രഹിപ്പിക്കണം അതിന്റെ മാധ്യമം എന്ന് പറയുന്നത് അന്ധകരണമാണ് ശബ്ദം അതിന്റെ സ്ഥൂലമായ മാധ്യമം അന്ധകരണം അതിന്റെ സൂക്ഷ്മമായ മാധ്യമം അത്തര ഒരു മാധ്യമത്തിലൂടെ ഈ ആശയത്തെ കൈമാറുന്നതാണ് ശരിക്കുള്ള ഉപദേശം അതെന്ന് പറയുന്നത് ഇവിടെ വാക്യമാണ് ഉപായമെങ്കിലും ഉപദേശത്തിനാണ് പ്രാധാന്യം അങ്ങനെ വരുമ്പോൾ വാക്യത്തെ അവലംബിച്ചാണ് ഉപദേശം നടക്കുന്നതെങ്കിലും വാക്യത്തിന് സാധിക്കാത്ത കാര്യം ഉപദേശത്തിന് സാധിക്കും അപ്പോൾ അവിടെ ആചാര്യന് കൂടാതെ സാധ്യമുണ്ട് അപ്പൊ ശ്രുതി പ്രമാണം എന്നുള്ള നിലയ്ക്ക് മുഖ്യമാണെങ്കിലും ആചാര്യൻ ഉപദേഷ്ടിൽ ആചാര്യനും പ്രാധാന്യം വരുന്നു അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് ഉപദേശം അതാണ് മുഖ്യം അതിന് താത്പര്യത്തെ ഗ്രഹിച്ച് താല്പര്യത്തെ ബോധിപ്പിക്കുന്നു ആ ബോധിപ്പിക്കലാണ് ഉപദേശം അതുകൊണ്ട് പറയുന്നു അങ്ങനെ ഒരു ഉപദേശം ലഭിക്കുന്നവൻ ഇതിനെ അറിയുന്നു എന്താണ് ആചാര്യവാൻ പുരുഷ വേദൂരവനാണോ ഇതിന്റെ താല്പര്യത്തെ ഈ താല്പര്യത്തെ ബോധിപ്പിക്കുന്നത് അങ്ങനെ ഒരു ബോധനം ആരിലാണോ സംഭവിക്കുന്നത് അവൻ ഇതിനെ ഗ്രഹിക്കുന്നു ശുതിയുടെ പ്രാധാന്യം ആ ഉപദേശത്തിൻ്റെ പ്രാധാന്യം ആചാര്യന്റെ പ്രാധാന്യം എല്ലാം ഏത് നിലയ്ക്കാണ് എന്നുള്ളതാണ് ഉള്ള ഭാഷകാരൻ വ്യാഖ്യാതവും പറയുന്നത് ഉപദേശ അപകത്യന്ത വാക്യാർത്ഥം ഞാൻ പ്രഥമോഹിച്ചു ശ്രുതിയുടെ താല്പര്യം തന്നെയാണ് ആചാര്യൻ ഉപദേശിക്കുന്നത് അല്ല സ്വന്തമായിട്ടൊന്നുമല്ല പക്ഷെ ശ്രുതി ഫലവത്താകുന്നെങ്ങനെ സ്വയമല്ല സ്വയം ശ്രുതിക്ക് ഫലവത്താകാൻ പറ്റത്തില്ല ശ്രുതി ശക്തമാണ് അത് പ്രമാണമാണ് മുഖ്യപ്രമാണമാണ് അത് ഫലവത്താകാൻ ആചാര്യനിലൂടെ മാത്രമേ പറ്റൂ വലിയ വ്യക്തിയിലൂടെ പറ്റൂ ഒരു വക്താവിനൂടെ അത് അതുകൊണ്ട് പറയുന്നു എന്താണ് വാക്യാർത്ഥ ഞാനെ പ്രഥമോഹി എന്താ ഉപദേശം ശ്രുതി ആചാര്യനിലൂടെ ഒരു ശ്രോതാവിൽ ഫലവത്തായിത്തീരുന്നു എന്നിരിക്കലും ഉപദേശം മാത്രത്തിന് അപകത്യന്തോ വാക്യാർത്ഥ ധീഹി പക്ഷെ പലപ്പോഴും അത് ഫലവത്താകാറില്ല പറയുന്നു എന്നൊന്നും ഉപദേശിക്കണം ഉപദേശിക്കുന്നു തത്വമസിശേഷം പ്രതീക്ഷിക്കുന്നത് എന്താണ് മിന്നൽ പോലെ ഒരു പ്രകാശം താൻ സടൻ ബ്രഹ്മമായി എന്നൊന്നുമില്ല ഇതാണ് പ്രതീക്ഷിക്കുന്നത് ഒരു കത്തൽ ഉള്ളിൽ തത്ത് മസീന്ന് കേട്ടതും ഒരു വെടി പൊട്ടുന്നതുപോലെ പിന്നെ ഒന്നും അറിഞ്ഞില്ല പിന്നെ ബ്രഹ്മമാത്രം പിന്നെ സമാധിയിലായിപ്പോയി പിന്നെ ഭക്ഷണം കണ്ടപ്പോഴാണ് ഉണർന്നത് ഇതാണ് സാറിന് പ്രതീക്ഷിക്കുന്നത് പറയുന്നു അതല്ല ഉപദേശം മാത്ര ദൃശ്യാർത്ഥി കേവലം അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല എന്തിന് ഉപദേശം കൊണ്ടുകൂടി സംഭവിക്കത്തില്ല ഉപദേശം എന്ന് പറഞ്ഞാൽ ഗുരു തന്റെ സർവയത്നവും ആചാര്യൻ ഉപയോഗിച്ച് ശിഷ്യനെ ബോധിപ്പിക്കാൻ ശ്രമിച്ചാലും ബോധിച്ചെന്ന് വരത്തില്ല കാരണം തടസ്സം അവിടെ ഇരിക്കണെങ്കിൽ അങ്ങനെ ബോധിക്കും അന്ധകരണത്തിൽ ഇതിന്റെ ഗ്രഹണത്തിന് തടസ്സങ്ങളുണ്ടായിരുന്നും ബോധിക്കത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ തസ്യ അവഗത്യന്തവാക്കനുഭവമായി വരുന്ന ബോധം അത് അത് പരബോധമായി താൻ ഗ്രഹിക്കുന്നു ഒരാളിൻ്റെ ബോധം ഒരാൾ പറയുന്നു തത്വമസി ബ്രഹ്മസ്മി അങ്ങനെ തനിക്ക് ഗ്രഹിക്കാൻ പറ്റും സ്വബോധമായിട്ടുള്ള പരബോധമായിട്ട് അങ്ങനെ ഗ്രഹിക്കുമ്പോൾ പ്രമാണാദ്യ അസംഭാവന നിരാ നിരസന സമ്മർദ്ദവും വിചാരവും മേധാവിശബ്ദേനോ വിധ അങ്ങനെ വരുമ്പോൾ അവിടെ വിചാരം ഉണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വിചാരം അതിൽ നിന്നുള്ള നിശ്ചയം ഇതെല്ലാം ശ്രോതാവിസംഭവിക്കുന്നു ഇതിന് മുഖ്യമായി പ്രമാണരൂപത്തിൽ മുഖ്യമായ സഹായമാകുന്നത് ശ്രുതി തന്റെ ബോധകരൂപ മുഖ്യമായ സഹായിയാകുന്ന ഗുരു അത്രേയുള്ളൂ ഗുരു ഒരു സഹായി മാത്രമേ ഉള്ളൂ തന്നിലുള്ള ദോഷങ്ങൾ ദൂരീകരിക്കണം ആ ദോഷങ്ങൾ ദൂരീകരിക്കുന്നതിന് വിചാർ ആവശ്യമാണ് സാറിന് പറയും സത്സംഗം അല്ലെങ്കിൽ ഉപനിഷത്ത് വിചാരം ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഫലം കാണുന്നുണ്ട് അതിനെന്താ പരിഹാരം പറഞ്ഞു അപ്പോ എല്ലാരും പ്രതീക്ഷിക്കുന്നത് പരിഹാരം ഗുരു എന്തെങ്കിലും ഒരു മാജിക്ക് അറിയിക്കും ആ മാജിക്ക് കൊണ്ട് സംഗതി എല്ലാം പരിഹരിക്കും അതിപ്പോ കാണിക്കത്തില്ല അവസാനമേ കാരണം തീരാറാവുമ്പോ ഗുണ ഗുരു ഒരു മാജിക് കാണിച്ച് തീരും ആ മാജിക്ക് എല്ലാം ശരിയാവും അങ്ങനെ ഒരു മാജിക്കിലൂടെ ഒന്നും സംഭവിക്കത്തില്ല ഗുരു അത് പറയുന്നില്ല നീ പ്രതീക്ഷിച്ചിരുന്നു എന്റെ മാജിക് എന്ന് പറയുന്നില്ല എന്നാലും നമ്മൾ പ്രതീക്ഷിക്ക സ്വയം കല്പിക്കുന്നതാണത് ഇതല്ല ഇവിടെ പറയുന്നത് അങ്ങനെ ഒന്നും അത് സംഭവിക്കത്തില്ല ഒരു കാര്യം വാസ്തവമാണ് തത്ത് ശ്രവിക്കുന്നുണ്ട് പക്ഷെ ഗ്രഹിക്കുന്നില്ല അത് ഇവിടെ അംഗീകരിക്കുന്നു ഇവിടെ കാണുന്നു അത് തന്നെ പിതാവ് തത്ത് മസീന്ന് പറയുന്നു മകൻ പറയുന്നു ഭൂയേവേ ഭഗവാൻ വിജ്ഞാപ കാര്യം പിടിയിട്ടെങ്കിൽ പിന്നെ അത് ചോദിക്കണം പക്ഷെ അതാണ് അല്ല പറയല്ല ഒരു മാജിക് ഒന്ന് കാണിക്കുക ഞാൻ ഗ്രഹിക്കട്ടെ അങ്ങനെയൊന്നും പറയുന്നില്ല പറഞ്ഞ കാര്യം ഒന്നുകൂടി വിശദമാക്കുക വ്യക്തമാക്കുക എന്തുകൊണ്ടാത് ഗ്രഹിക്കുന്നതിന് എന്തോ തടസ്സമുണ്ട് അത് ആ തടസ്സം എന്തായാലും ശരി ആ തടസ്സത്തെ അസംഭാവന വിപരീത ഭാവന എന്നൊക്കെ സാങ്കേതികമായ ഭാഷയിൽ പറയും അതൊക്കെ കാണാതെ പഠിച്ച് അടുത്ത സഹിതം മനസ്സിലാക്കി വെച്ച എവിടേക്കും നോക്കും പ്രത്സംഗിക്കാനും കൊള്ളാം എന്തായാലും തടസ്സങ്ങളുണ്ട് ഗ്രഹിക്കുന്നില്ല എന്നുള്ളത് അറിയാം അതുകൊണ്ടേന്ന് മനസ്സിലാക്കുക ഈ തടസ്സങ്ങളുണ്ട് ഇതിനെന്താ പോം വഴി പറയും ഈശ്വരാനുഗ്രഹം വേണ്ടേ ഗുരുവിന്റെ അനുഗ്രഹം വേണ്ട അതൊക്കെ നേരത്തെ ഉണ്ടല്ലോ അതൊക്കെ കൊണ്ടാണ് ഇതൊക്കെ തുടങ്ങിയത് അതില്ലാത്തോണ്ടല്ലോ അതില്ലാത്തോണ്ട് ഇതിനൊക്കെ കിടക്കാൻ പറ്റും പറ്റത്തിൽ അതൊക്കെ ഉള്ളപ്പോഴാണ് ഈ തടസ്സം നിൽക്കുന്നത് ശ്രുതിയുടെ അനുഗ്രഹം വേണമെന്ന് പറയും അപ്പൊ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടാണ് മാർഗത്തിലേക്ക് വരുന്നതും ഇതൊക്കെ ചെയ്യുന്നു ഇല്ലാത്ത പറ്റത്തില്ല അപ്പൊ അതിന് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണോന്ന് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ഫുൾ ഡോസിൽ കൊടുത്തിരിക്കുക എന്നിട്ടും വിശേഷിച്ചൊന്നുമില്ല ഒന്നും സംഭവിക്കുന്നില്ല അപ്പോ എന്താ പരിഹാരം അതാണ് ഇവിടെ പറയുന്നത് സ്വന്തം പരിശ്രമം അതാണ് അവിടെ ആവശ്യം ഗുരുവിന്റെ മാജിക്ക് അല്ല സ്വന്തം പരിശ്രമം വിചാരം ഒന്ന് ആവർത്തിക്കുക എന്നാണ് ഇതിനെ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇതിന്റെ ആവർത്തി കൊണ്ടേ സാധ്യമാവും ആകാശത്ത് പൊട്ടി വീണതുപോലെ പൊട്ടി വീഴ്ത്തൊന്നുമില്ല അവന്റെ ഭാഗത്ത് നിന്നുള്ള പരിശ്രമം ഉണ്ടാവും ആ പരിശ്രമത്തിന് വേണ്ടി ഇതിനെ കൈസപ്പെടുത്താനൊന്നുമില്ല ഈ പറയുന്ന എല്ലാ അനുഗ്രഹങ്ങളോടും ആ പരിശ്രമം സംഭവിക്കുമ്പോൾ ഇതിനുള്ള തടസ്സങ്ങൾ മാറിയിട്ട് അതുകൊണ്ട് പറയുന്നു ഉപദേശം കൊണ്ടും ഒരാൾ ഗ്രഹിക്കുന്നില്ലെങ്കിൽ തിന് തടസ്സങ്ങളുള്ളതാണ് ആ തടസ്സങ്ങൾ മാറാൻ വേണ്ടി വിചാരം അത് ആവശ്യമാണ് എന്ന് വെച്ചാൽ ഈ പരിപാടി തുടർന്നുകൊണ്ടേ പോവുക അപ്പൊ ഇത് തെളിഞ്ഞു വരും ആ വിചാരക്ഷമത അതിനാണ് മേധാവി എന്നുള്ള ശബ്ദം കൊണ്ട് പറഞ്ഞിരിക്കുന്നത് കാരണം കൂടെ രണ്ടുപേരുടെയും ലക്ഷണം പറഞ്ഞിരിക്കുന്നു ആചാര്യനെ കുറിച്ച് ശ്രുതി താല്പര്യത്തെ ഗ്രഹിച്ചവനാണ് ആചാര്യൻ പക്ഷെ ശിഷ്യൻ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ശിഷ്യൻ എപ്പോഴും അന്വേഷിച്ചിടക്കുന്നത് ആത്മജ്ഞാനിയായ ഗുരു ആത്മജ്ഞാനിയായ ഗുരു വേണം ഒരാത്മജ്ഞാനിയായ ഗുരുവിനെ ഒന്ന് കാണുന്നതിനുള്ള യോഗ്യത തനിക്കെന്താ അത് വേണ്ടേ ഇവനെന്തെങ്കിലും യോഗ്യത വേണ്ടേ ആത്മജ്ഞാനിയെ കാണാൻ കണ്ടുമുട്ട ഇവന് യോഗ്യതയില്ലെങ്കിൽ ഇവന് ആപ്പഞ്ജാനിയും ഓലക്കയും കണ്ടാ തിരിച്ചറിയില്ല രണ്ടുപേരുപോലെ ഇരിക്കുന്നു ഇവനെങ്ങനെ തിരിച്ചറിയും വിവരമില്ലാത്തവർ തിരിച്ചറിയും ബോധവൊന്നുമില്ലല്ലോ അതൊരു കാര്യമില്ല അവിടെ ശിഷ്യ ഗുരുവിന്റെ യോഗ്യത പോലെ പ്രാധാന്യമാണ് ശിഷ്യന് അവനൂടെ മേധാവി എന്ന് ബുദ്ധിമാൻ എന്നുള്ള അർത്ഥമെടുത്താൽ ശരിയാവില്ല കാരണം ബുദ്ധിമാൻ ലൗകികമായ ബുദ്ധിയുള്ളവരുമുണ്ട് വലിയ ബുദ്ധിജീവികളും നമ്മൾ പറയുന്നവരുണ്ട് അപ്പോൾ അവരിത് ഗ്രഹിക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ ബുദ്ധി എന്ന് പറയുന്നൊരു വിശേഷമായ ബുദ്ധിയാണ് ലൗകിക ബുദ്ധിയാണ് ഇനി തത്വത്തെ ഉപദേശത്തിലൂടെ ഗ്രഹിച്ചിട്ടും അത് സ്വയം ഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിനെ വീണ്ടും തുടർന്നു ഒരു സാമർഥ്യം അത് ആചാര്യൻ ഒന്ന് ശിഷ്യൻ എന്ന ഉപദേശത്തിന്റെ ആവൃത്തി ഇതെല്ലാം ഒരുമിച്ച് പറഞ്ഞു എന്നാലും ഫലവത്താകും അങ്ങനെ അവഗത്തി അന്തവാക്യാർത്ത ധീ എന്ന് പറയുന്നു ആ ശ്രുതിയുടെ താല്പര്യം അവസാനം സ്വാനുഭവത്തിലേക്ക് വരുന്നു അനുഭവം പറഞ്ഞാൽ ശ്രുതി എന്തിനാണോ ബോധിപ്പിക്കുന്നത് ശ്രുതി ബോധിപ്പിക്കുന്നത് സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു മറ്റൊന്നുമല്ല നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ ശ്രുതി വെച്ചു തരികയാണ് നീ ഇത് പഠിക്കുക പഠിച്ച് പാസ്സാവുക പി എച്ച് ഡി എടുക്കുക എന്നൊന്ന് ശ്രുതി പറയുന്നുണ്ട് ഒരു വിഷയവും നമ്മളെ ബോധിപ്പിക്കുന്നത് നമ്മളിച്ച് ശ്രുതി സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുന്നു ആ സ്വരൂപത്തിൽ അബദ്ധത്തി എന്ന് പറയുമ്പോ എന്താണ് ശ്രീ ഏത് കാര്യമാണോ ബോധിപ്പിച്ചത് അതിന് സംശയ അതിദോഷങ്ങൾ ഇല്ലാതിരിക്കും അതാണ് അതിന്റെ അപഗതി എന്ന് പറയുന്നത് അതാണ് അപകത്തി അപഗത്യാന്താർത്ഥി എന്ന് പറയുന്നു ആ ബോധം അത് വിചാരം അത് ആവശ്യമാണ് അങ്ങനെയുള്ള ആളെന്ത് പറയും തസ്യ പ്രജ്ഞ അതിശയവതി അവനെ കുറിച്ച് അങ്ങനെ പറയാം എന്താണ് അവനൊരു അതിശയമായ വിലക്ഷണമായ വ്യത്യസ്തമായ അല്ലെങ്കിൽ അച്ഛര്യകരമായ അത്ഭുതകരമായ ഒരു പ്രജ്ഞ ആ ഗുരുവിന്റെ ഉപദേശത്തെ ഉൾക്കൊള്ളുന്ന പ്രജ്ഞ സ്വ സ്വരൂപത്തെ സംബന്ധിച്ച് ബോധിപ്പിച്ചതിനെ അവൻ ഗ്രഹിക്കുന്നു അവന അവഗതി എന്ന് പറയുന്നത് അവഗതി എന്ന് വെച്ചാൽ മലയാളത്തിൽ പറയുന്ന അതിൻ്റെ അർത്ഥ അനുഭൂതി അനുഭവം അനുഭവം അനുഭവം ഇല്ലായ്മ എന്ന് പറയുന്നതിന് വ്യത്യാസം ഉള്ളൂ അനുഭവം എന്ന് പറഞ്ഞാൽ തൽപ്പര് ആ വിഷയത്തിൽ സംശയങ്ങളുണ്ട് അറിവില്ലായ്മയുണ്ട് അപഗതി എന്ന് പറയുമ്പോ അതില്ലാതാകുന്നു അപഗതി എന്ന് പറയുമ്പജ്ഞയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നെന്തെങ്കിലും ആധ്വാനം ചെയ്യുന്ന പ്രജ്ഞയെന്തെങ്കിലും മോടി പിടിപ്പിക്കുന്നതല്ല അപഗതി എന്ന് പറഞ്ഞാണ് അങ്ങനെ ധരിക്കുന്നു പ്രജ്ഞയിൽ പുതിയൊരു പ്രജ്ഞയെ കൊണ്ടുവരുന്നതല്ല അത് സാധ്യമാണ് സാക്ഷാത് അപരോക്ഷാദ് സ്വയം അപരോക്ഷമാണ് അതിന് മറ്റൊന്നും നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല എന്തെങ്കിലും കൊണ്ടുവന്നാൽ കേവലം ആരോപമായി പോകും ഒരാൾ സ്വയം സംരംഭജ്ഞാനിന്ന് ഭാവിച്ചു കഴിഞ്ഞാൽ അത് കേവലം ഒരു ആരോപം ഒരു ഭ്രാന്തി യാത്ര മാത്രം അത്തരം ഭ്രാന്തിയെ കുറിച്ചല്ല പറയുന്നത് അറിവില്ലായ്മയും അറിവിൻ തമ്മിലുള്ള വ്യത്യാസം ായ്മകൾ ഇല്ലാതാകുക അത്രയാണ് പുതുതായി ഒന്ന് വന്നുചേരുകയല്ല അജ്ഞാനാദി ദോഷങ്ങൾ ഇല്ലാതാകുക എന്താണ് പ്രജ്ഞാതിശയം അതൊരു വിശേഷത അതിനു വേണ്ടി വിചാരം ആവശ്യമാണ് ഇനി അതിന്റെ പരിപാകമായ അവസ്ഥയും ഒരാൾ വിചാരമൊക്കെ ചെയ്തു സംശയങ്ങളൊക്കെ ഏറെക്കുറെ ദൂരീകരിച്ചു എന്നാലും എന്തോ അവശേഷ അതിന്റെ പൂർണതയ്ക്ക് വേണ്ടിയിട്ടപ്പോ ഒരു ഉപദേശം ഉപദേശം കൊണ്ട് അത് പൂർണ്ണമാകുക അതൊക്കെ സംഭവിക്കാം പക്ഷെ മുഖ്യമായ എന്താണ് വിചാരം അതാണ് ആവശ്യം അങ്ങനെ എത്തണമെങ്കിലും വിചാരം വേണ്ട ആ വിചാരം വൻ പുരുഷ അവൻ അറിയുന്നു പുരുഷൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ നിരാശപ്പെടേണ്ട ജീവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ചെറുത് പുരുഷനെന്ന് പറഞ്ഞാൽ ആണെന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ അങ്ങനെയുള്ള ജീവൻ അങ്ങനെയുള്ള ജീവൻ വേദ ഇതിനറിയുന്നു ഉപദേശത്തെ ഗ്രഹിക്കുന്നവൻ ശ്രദ്ധ താല്പര്യത്തെ ഗ്രഹിക്കുന്നവൻ റിയുന്നു ആചാര്യവതു ഇങ്ങനെ ആചാര്യനുള്ളവൻ എന്ന് പറഞ്ഞെന്താണ് ഈ പറയുന്ന എല്ലാ യോഗ്യതകളും ഉള്ളവൻ അമേധാവിത്വം പ്രജ്ഞാതിശയം എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു അങ്ങനെ ഒരു ഉപദേശം കൂടി വന്നു അവൻ മുക്തനാകുന്നു അങ്ങനെ പറയുന്നു മുക്തവിദ്യ അഭിഹനനസ്യ അവിദ്യയുടെ ഈ പീഡനം അതാണ് സംസാരം എന്ന് പറയുന്നത് ജന്മമരണങ്ങളെന്ന് പറയുന്നത് ദ്വന്വങ്ങളെന്ന് പറയുന്ന സുഖ ദുഃഖങ്ങളെന്ന് പറയുന്നത് അവിദ്യയുടെ പീഡനമാണ് ജീവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് മുക്തനായും ഈ മുക്തി എന്ന് പറയുന്നതും അതാണ് ഇതിൽ നിന്നുള്ള മുക്തി ദ്വന്ദ്ത്തിൽ നിന്നുള്ള മുക്തി അതി ആന്തരീകമായി സൂക്ഷ്മമായി തൻ്റെ തന്നെ ഈ ജീവൻ തന്നെ കൽപ്പനകൾ ഭാവനകൾ അജ്ഞാനജന്യമായിട്ടുള്ള ഇതിൽ നിന്നൊക്കെയുള്ള മുക്തി അതിനിടെ പറയുന്ന അവിദ്യാഭിഹാനനം എന്ന് പറയുന്നത് എന്താ ജീവനെ കൊല്ലുകയാണ് നശിപ്പിക്കുകയാണ് അഭികാരങ്ങൾ അവൻ ആന്തരികമായ ഒരു സ്വാതന്ത്ര്യത്തെ കൊടുക്കുന്നുണ്ട് അവന്റെ അന്ധകരണം നിരപേക്ഷമായിരിക്കുന്നുണ്ട് തത്വഗ്രഹണം കൊണ്ടേ സാധ്യമോ സ്വരൂപ ബോധം കൊണ്ടേ അത് സാധ്യമോ കാലം ബന്ധനം സ്വയം അനുഭവിച്ചുകൊണ്ടേ ആ ബന്ധനത്തിൽ നിന്നും മുക്തനായ ആന്തരികമായി മുക്തനായ മുക്തനാണ് സത്സമ്പത്തി എന്നിവിടെ പറയുന്നത് ഇവിടെ സുസൃതിയും തത്വജ്ഞാനവും വ്യത്യാസം പറയും അജ്ഞനുകൊണ്ട് സത്സമ്പത്തി ഭാഷകാരനാദ്യം വിശദീകരിച്ചു അതാണ് സശുപ്തി മുക്തന്റെ സത്സമ്പത്തിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് താവാൻവ കാലച്ചിരം അതിന് ഒരു കാലതാമസം ഉണ്ടെന്നാണ് മുക്തൻ പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെന്ത്യ്യുന്നു അത് സ്വാഭാവികമായി ആ കാലതാമസത്തിനനുസരിച്ച് അത് സംബന്ധിച്ച് സംഭവിക്കുന്നുണ്ട് നമ്മൾ പറയും ആത്യന്തിക നിർത്തി ജന്മം നിർത്തി എന്നെല്ലാം പറഞ്ഞു അത് ഒരു തരത്തിൽ സംഭവിച്ചു കഴിഞ്ഞു തത്വജ്ഞാനം കൊണ്ട് പക്ഷേ കാരണം പലടത്തും പറയും ജ്ഞാനവും മുക്തി തമ്മിൽ കാലവ്യത്യാസവും ഇന്ന് ജ്ഞാനം നേടുക നാളെ മുക്തനാകുക അങ്ങനെ എന്തുകൊണ്ട് ജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞ എന്താണ് അപഗതിയാണ് എന്തിന്റെ അനുഭവം ഈ അവിദ്യാബന്ധനത്തിൽ നിന്നുള്ള മോചനത്തിന്റെ അനുഭവം സ്വസ്വരൂപം അതിൽ നിന്നൊക്കെ മുക്തനാണ് താൻ അതിൽ നിന്ന് മുക്തനാണ് എന്നുള്ള അറിവ് അതാണ് ഒരു സംശയത്തിനോട് കൊടുക്കാത്ത അറിവ് അത് തന്നെയാണ് മുക്തി പക്ഷെ എന്നാലും ഇനി സത്സമ്പത്തി എന്ന് പറയുന്ന മറ്റൊന്നുണ്ട് അത് ഏതുപോലെ പോലെ തന്നെ അവിടെ വിശേഷിച്ച അനുഭവമൊന്നുമില്ല സുപ്തിൽ നിന്നെങ്കിലും അനുഭവമുണ്ട് സ്വയാനുഭവ സ്വരവുമാണ് അന്ധക്കരണങ്ങളുടെ അടുത്ത അനുഭവ ഉപദേശിക്കുന്നത് അന്ധക്കരണത്തിലൂടെ ഗ്രഹിക്കുന്നത് അന്ധക്കരണത്തിലൂടെ സംശയാദി ദോഷങ്ങൾ ദൂരീകരിക്കുന്ന ആ ദോഷരഹിതമായ അനുഭവം എന്ന് പറയുന്നത് മുക്തി അന്ധക്കരണത്തിൽ പക്ഷെ സുഷുപ്തി അന്ധക്കരണത്തിലല്ല ഇവിടെ പറയുന്ന സത്സമ്പത്തും അവിടെയല്ല അതിനൊരു കാലതാമസം ഉണ്ടെന്നാണ് പറയുന്നത് താപദൈവ താവാനൈവ കാല സ്ഥിരംക്ഷേപ ഒരു താമസമുണ്ട് കാലതാമസമുണ്ട് എന്തിനു സദാത്മസ്വരൂപ സമ്പത്തേഹി സദാ സമ്പന്നോ ഭവതി പറഞ്ഞല്ലോ അവനപ്പോൾ സമ്പന്നനായി തീരുന്നു അപീതോ ഭവതി എന്ന് പറഞ്ഞല്ലോ അതൊക്കെ സുഹൃത്തേയെ കുറിച്ച് പറഞ്ഞാണ് ഇവിടെ പറയുന്നു മരണത്തെ ആ മരണത്തില് ഒരു സ്വരൂപസമ്പത്തി ഉണ്ട് ഇവിടെ ചിലരുടെ മനസ്സിലൊരു സംശയം വരാം ശരി ഞാൻ സത്വജ്ഞാനത്തിൽ മുക്തനായിരുന്നു ജ്ഞാനത്തിന് ശേഷം ഉറങ്ങില്ല ഞാനീ ഉറങ്ങാറുണ്ടല്ലോ ജാഗ്രത സ്വപ്നം ചുരുത്തി അവസ്ഥ ഞാനീനും ഉണ്ടല്ലോ അതുകൊണ്ട് ഞാനീ അപ്പൊ ആ ഉറക്കത്തിൽ സമ്പത്തിയില്ലേ മരണം വരെ പോകുന്നു ജ്ഞാനിയുടെ ആ ഉറക്കത്തിലെ സമ്പത്തിയും അജ്ഞാനിയുടെ ഉറക്കത്തിലെ സമ്പത്തിയും സംബന്ധിച്ച് യാതൊരു വ്യത്യാസമുണ്ട് എന്ന് മാത്രമല്ല ഈ സത്സമ്പത്തി എന്ന് പറയുന്നിടത്ത് ഒരിടത്തും ഒരു വ്യത്യാസമുണ്ട് ജ്ഞാനിയാണോ അജ്ഞാനിയാണോ വ്യാഘ്രോവാ സിംഹവരാഹുവ മസഖവാ എന്നെല്ലാം പറഞ്ഞേ അതിലൊരു വ്യത്യാസമില്ല എല്ലായിടത്തും ഒരുപോലെ ജ്ഞാനി ഉറങ്ങിയാലും അജ്ഞാനി ഉറങ്ങിയാലും സത്സമ്പത്തി എന്നേ പറയാമോ പക്ഷെ ജ്ഞാനിയുടെയും അജ്ഞാനിയുടെയും മരണത്തിന് വ്യത്യാസമുണ്ടാ പറയുന്നത് വ്യത്യാസം എന്താണ് മരണത്തിലുള്ള ആ സത്സമ്പത്തിയിൽ പിന്നീട് ഞാൻക്ക് ജനനമില്ല അജ്ഞം ജനിക്കുന്നു ഇതാണ് വ്യത്യാസം എന്നുവെച്ചാൽ ഞാൻക്ക് സംസാരമില്ല അജ്ഞാനിക്ക് സംസാരം ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനിടയും അജ്ഞാനിയുടെയും സുഹൃത്തിനും വ്യത്യാസം വരണമല്ലോ എന്ന് വ്യത്യാസം തന്നെ എന്തുകൊണ്ട് ഉറങ്ങാൻ പോകുന്നത് ജ്ഞാനിയായിട്ട് തന്നെ അജ്ഞാനി ഉറങ്ങാൻ പോകുന്നു അജ്ഞാനിയായിട്ട് അജ്ഞൻ ഉണരുന്നത് അജ്ഞാനിയായിട്ട് തന്നെ ജ്ഞാനി ഉണരുന്നു ജ്ഞാനിയായിട്ട് തന്നെ ഇതിൽ കവിഞ്ഞൊരു വ്യത്യാസമില്ല ഇതിൽ കവിഞ്ഞൊരു വ്യത്യാസത്തിന് അവിടെ ഇടമില്ല എന്തുകൊണ്ട് പറഞ്ഞു ജീവത്വം വിഭായ ആ ജീവഭാവത്തെ പൂർണ്ണമായും വെടിഞ്ഞിട്ടാണ് ആ സൃഷ്ടിയിലേക്ക് പോകുന്നത് ആരായാലും ഞാനി ആയാലും ശരി അജ്ഞാനിയായാലും ശരി ഞാനി എന്ത് ചെയ്യുന്നു ബോധത്തോടു കൂടി പോകുന്നു നേതേ പറഞ്ഞ ഗുരു ഉപദേശത്തിൽ നിന്ന് വന്ന ആ ബോധത്തോടു കൂടി പോകുന്നു എന്തുകൊണ്ടാണോ പറഞ്ഞു ചുമടനെ ഇറക്കി വെച്ചിട്ട് വിശ്രമിക്കുന്നു വിശ്രമം കഴിഞ്ഞ് ഏത് ചുമടാണോ ഇറക്കി വെച്ച അതാ എടുക്കുന്നത് അജ്ഞൻ അജ്ഞാനമാകുന്ന ചുമട് ഇറക്കി വെച്ചിട്ടാ പോവും ജ്ഞാന് ജ്ഞാനമാകുന്ന ചുമട് ഇറക്കി വെച്ചിട്ടാ പോവും രണ്ടുപേരും അവരവരെ ഇറക്കി വെച്ച ചുമടും എടുത്തും കൊണ്ട് തിരിച്ചു വരുന്നു ഒന്നവിദ്യ മറ്റൊന്ന് വിദ്യ എന്നാലും വീണ്ടും ഞാൻ എനിക്ക് ഒരു സത്സമ്പത്തി എന്തുകൊണ്ട് പറഞ്ഞു ഭാഷകാരനെ അതാണ് വിശദീകരിക്കുന്നു സസ്യ താവദേവ ചിരം എന്ന് ശ്രുതി പറയുന്നത് അതാണ് താമസം എന്താണ് സദാത്മസ്വരൂപസമ്പത്തേ ആ സദാത്മസ്വരൂപ സമ്പത്തി ആ തത്വജ്ഞാനത്തിൽ നിന്നും അപ്പുറമുള്ള സദാത്മസ്വരൂപ സമ്പത്തി ഇതൊരു അദ്വൈതത്തെ ബോധിപ്പിക്കുന്നതിനുള്ള ഒരു ശൈലി ഒരു പ്രക്രിയ അനുസരിച്ച് പറയുകയാണ് ഇതിങ്ങനെ അല്ലാതെയും പറയാം വേറെ രീതിയിലും പറയാം ഭാഷകാർ ഇപ്പൊ ഇങ്ങനെ ഒരു രീതി അവലംബിച്ചിരിക്കുകയാണ് എന്നുവെച്ചാൽ എന്ന് പറയുന്ന ഒന്ന് അതിന്റെ സ്ഥാനം എന്താണ് ഞാനിവിടെ ജീവിതത്തിൽ എന്നുള്ളതിന് അംഗീകരിച്ചോന്ന് പറയണം ഇതിന് അംഗീകരിക്കാതെ വേറൊരു രീതിയിലും പറയാം അതുകൊണ്ട് ഈ പറയുന്നതിന് വിരുദ്ധമായി എന്തെങ്കിലും കേട്ടുകഴിഞ്ഞാലും പരിഭ്രമിക്കരുത് ഞങ്ങൾ പഠിച്ചത് അദ്വൈതം അസംബന്ധമായി പോയി ഒരു വിവരദോഷം ഞങ്ങളിതൊക്കെ പഠിപ്പിച്ചു എന്ന് കരുതരുത് ഇതൊരു പ്രക്രിയ ഇതൊരു രീതി ഇവിടെ ഇങ്ങനെ പറയുന്നത് എന്താണ് അജ്ഞാനി അജ്ഞാനിയുടെ അവസ്ഥ അവസ്ഥ ഇതെല്ലാം വിശകലനം ചെയ്തു ഈ പറയുന്ന കാര്യങ്ങളിൽ ശരിയായ ഒരു വ്യക്തത ഉണ്ടാകുന്നതിന് വേണ്ടി പക്ഷികാരം ഇങ്ങനെ പറയുകയാണ് വ്യക്തത ഉണ്ടാകുന്നതിനുള്ള ഏറ്റവും നല്ലൊരു രീതിയുമാണ് പക്ഷികാരൻ പറയുന്ന കാര്യം പൂർത്തിയാക്കില്ല ശ്രുതിയും പൂർത്തിയാക്കിയില്ല ചിരം എന്നൊക്കെ കാലതാമസം എന്താ ഈ കാലതാമസം തത്വജ്ഞാനം ഉണ്ടായിട്ട് ഒരു കാലതാമസം മുക്തനും കാലതാമസം അതെന്താ അങ്ങനെ പറയുന്നു മുക്തനെന്ന് പറഞ്ഞാൽ മുക്തൻ പിന്നെന്തോന്നു പ്രാരബ്ധം പ്രാരബ്ധം ഗുണസഞ്ചിതം കിമാകാമി ഇന്ന് ആചാര്യന്മാർ പറയുന്നു ഇവിടെ പ്രാർത്ഥിക്കുന്നു അതും സത്യമാണ് സർവവാസത്തായിരിക്കുമ്പോൾ എന്നിവിടെ പറയുന്നെന്താണ് ചിരം വീണ്ടും ഒരു കാലതാമസം എന്തിനാണ് കാലതാമസം ആ കാലതാമസം ഈ ഞാൻ ഇവിടെ കൊണ്ടെത്തിക്കും അനുസമാനം പറയണം പറയാം യാവ എന്ന വിമോക്ഷേ എന്ന വിമോക്ഷ്യതാണ് വിമോക്ഷിയെ അഹം വിമോക്ഷി എന്ന് പറയുന്നു പുരുഷന്മാറി തത്വത്തെ ശ്രദ്ധിക്കുമ്പോ ചിലപ്പോൾ ഭാഷ ശ്രദ്ധിച്ചില്ലെന്ന് വരും ഭാഷയെ കുറിച്ച് വിവരമില്ലാത്തതുകൊണ്ടാണ് ധരിക്കരുത് കൊണ്ടാണ് അതിന് ശ്രൗതം എന്ന് പറയുന്നത് കൃഷിക്കും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇത്രയും ഭാഷയുടെ അറിവ് പോലും ഇല്ലാത്തയാളാണോ ഇത്രയും വലിയ തത്വത്തെ പറയുന്നത് ഭാഷാപ്രയോഗം അറിയാൻ വയ്യാത്തവർ അങ്ങനെയല്ലാതെ ഭാഷയിലല്ല ശ്രദ്ധ തത്വത്തിലാണ് തത്വത്തിൽ നിന്നുകൊണ്ട് ഭാഷ പ്രയോഗിക്കുമ്പോൾ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സഹിച്ചു സർവപ്രയോഗമാണ് വിമോക്ഷി വിമോക്ഷത്തെ എന്നുള്ളത് വിമോക്ഷിച്ചത് സാമർഥ്യാ അന്യഥാനുഭവത്തി അതേ വരാൻ വഴിയുള്ളു കാരണം കൂടെ ജ്ഞാനിയെ കുറിച്ച് പറയു പുരുഷനെ കുറിച്ച് പറയുന്നു ഗുരുപദേശം കൊണ്ട് പുരുഷ വിമോക്ഷത എന്നാണ് പുരുഷവിമോക്ഷറയാൻ പാടില്ല അഹം ഭവതി എന്ന് പറയത്തില്ല സഭവതി എന്ന് തന്നെ പറയത്തില്ല അതുപോലെ ഏനകർമ്മ ശരീരം ആരബ്ധം തസ് ഉപഭോഗേനക്ഷ ദേഹബാധോ യാവ അത് വ്യക്തമാക്കുന്നു അധ സത്സമ്പത്തി എന്ന് പറഞ്ഞു യാവെന്ന വിമോക്ഷി ഏനകർമ്മ ശരീരം ആരബ്ധം ഇവിടെ പ്രാരബം എന്ന് പറയുന്നത് തത്വജ്ഞാനിയുടെ നില ഒരു നിലയാണെന്ന് പറയുകയാണ് ഏതൊരു കർമ്മം കൊണ്ടാണോ ഈ ശരീരം ആരംഭിച്ചത് അത് ഇവിടെ പറയുന്ന എന്താണ് ഈ ശരീരം ആരംഭിച്ചത് ജ്ഞാനത്തിന് ഹേതുവായ കർമ്മം കൊണ്ടാണ് കാരണം ഈ ശരീരത്തിൽ ജ്ഞാനം സംഭവിക്കുന്നത് സംഭവിച്ചേ തീരും അതിനുള്ള പുണ്യമെല്ലാം നേരത്തെ സമ്പാദിച്ചത് ഈ ശരീരം ആ ജീവൻ സ്വീകരിച്ചത് അതിനെ പറയുന്നു ഏന കർമ്മണാ ശരീരം ആരംഭം കർമ്മം പുണ്യത്തെയാണ് ആ ശരീരം ആരംഭിച്ചു തസ്യ ഉപഭോഗ ഏനക്ഷയാ അത് അനുഭവം കൊണ്ട് ക്ഷയിക്കണം ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത് ആത്മാവിന്റെ തലമൊന്ന് ഇവിടെ ആത്മാനുഭവം എന്ന് പറയുന്ന തലമൊന്ന് പിന്നെ കർമ്മത്തിന്റെ തലം മറ്റൊന്ന് ഇത് ജ്ഞാനിയിലും അജ്ഞാനിയിലും ഈ മൂന്ന് തലങ്ങളുമുണ്ട് അജ്ഞാനിയിലെങ്ങനെയാണ് ആ ജീവന്റെ തലം പിന്നെ ആ ജീവന്റെ അവിദ്യാജന്യമായ ജ്ഞാനത്തിന്റെ തലം പിന്നെ അവന്റെ കർമ്മത്തിൻ്റെ തന്നെ ആ ജീവന്റെ നില അത് അത്യധികം സൂക്ഷ്മം അല്ലെങ്കിൽ കാരണം ആ ജീവജ്ഞാനത്തിൻ്റെ നില അത് സൂക്ഷ്മം കർമ്മത്തിൻ്റെ നില സ്ഥൂലം അത് നമ്മൾ വ്യവഹാരം എന്ന് പറഞ്ഞു നമ്മൾ ബാഹ്യമായി കാണുന്നത് അജ്ഞന് അങ്ങനെയാണെങ്കിൽ ഞാനീലങ്ങനെ ഒന്ന് ആത്മാവിന്റെ ആ പാരമാർത്ഥികമായ നില അതിൽ തത്വജ്ഞാനത്തിന്റെ നില അതിൽ ബാഹ്യമായി സ്ഥൂലമായി വ്യവഹാരത്തിന്റെ നില ആ വ്യവഹാരത്തിന്റെ നിലയാണ് ഇവിടെ പറയുന്നത് പ്രാരബ്ധം ഈ തത്വജ്ഞാനത്തിന് ഹേതുവായിരിക്കുന്ന കർമ്മമാണെന്ന് പറഞ്ഞു പുണ്യകർമ്മം കേവലം പുണ്യകർമ്മം അതാണ് അതായത് തത്വജ്ഞാനത്തിന് ആ ജീവന് ഈ ശരീരത്തിനാണല്ലോ സംഭവിച്ചത് അപ്പം ഈ ശരീരത്തിൽ തത്വജ്ഞാനത്തിന് ഉതകുന്ന ഒരു പുണ്യം ഉണ്ടായിരുന്നു തത്വജ്ഞാനത്തിന് വേണ്ടിയാണ് ഈ ശരീരം ഉണ്ടായത് പക്ഷെ ഈ ശരീരത്തിൽ ജന്മം ജീവിതം മരണം എല്ലാം സംഭവിക്കുന്നത് അപ്പൊ ജന്മജീവിത മരണം പര്യന്തമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് കേവലം പുണ്യം കൊണ്ടല്ല അത് പാപവും പുണ്യവും രണ്ടും കൂടെ ചേർന്നിട്ടാണ് കാരണം ആ ജന്മ ജീവിത മരണം വരെയുള്ള കാര്യങ്ങൾ പുണ്യപാപ സമ്മിശ്രമാണ് എന്നുവെച്ചാൽ സുഖദുഃഖ സമ്മിശ്രമാണ് സുഖ ദുഃഖ സമ്മിശ്രമായിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ പുണ്യപാപ സമ്മിശ്രമായിരിക്കുന്ന തലം അതാണ് തത്വജ്ഞാനിയുടെ വ്യവഹാര തലം എന്ന് പറയുന്നത് അതിന് പ്രാരബ്ധെന്ന് പറയുന്നു അതുകൊണ്ടാണ് ചെല്ലത്ത് പറയുന്നതാണ് ഈ ശരീരം എന്ന് വെച്ചാലേ മോക്ഷമുള്ളൂ എന്ന് പറയും മുക്തം തന്നെയാണ് എങ്ങനെയായാലും മുക്തനായി അല്ല ജ്ഞാനം കൊണ്ട് മുക്തനായി എങ്ങനെ സംശയ അതീ ദോഷങ്ങൾ ഇല്ലാതായും മുക്തമായി ഏതൊരു പുണ്യമാണോ തത്വജ്ഞാനത്തിന് ഉതകുന്ന ഈ ശരീരത്തിന് ഹേതുവായത് ആ പുണ്യം ചരിതാർത്ഥം പക്ഷെ എന്നിരിക്കലും ഈ ശരീര വ്യവഹാരങ്ങൾ ആ ശരീര വ്യവഹാരങ്ങൾക്ക് കാരണമായിരിക്കുന്ന പുണ്യപാപങ്ങൾ ഉണ്ട് അങ്ങനെ പുണ്യപാപങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഇവിടെ തത്വജ്ഞാനം ഉണ്ടായിരുന്നു പാപുള്ളതിന് തവജ്ഞാനം പ്രബലമായൊരു പുണ്യവിശേഷം കൊണ്ട് മറ്റ് പ്രാരബ്ദങ്ങൾ ഇരിക്കലും തത്വജ്ഞാനത്തിന് അനുകൂലമായതെല്ലാം ഈ ശരീരത്തിൽ തന്നെ ഉണ്ടായി തത്വജ്ഞാനം അതുണ്ടായി പക്ഷെ അതിന് പ്രതിബന്ധമല്ലാത്ത പുണ്യപാവമാണ് ഈ ശരീര വ്യവഹാരങ്ങളെ നിലനിർത്തുന്നതിന് മാത്രം ഉപകരിക്കുന്ന പുണ്യപ അതുള്ളതുകൊണ്ട് ശരീരം നൽകുന്നു വീണ്ടും പോകും തത്വജ്ഞാനത്തിന് ശേഷം അതിനാണ് പ്രാരബ്ധെന്ന് പറയുന്നത് മുക്തനാണെങ്കിലും ഇനിയും ഒരു മുക്തി വേണം ഏതെന്നാ മുക്തി ഈ പ്രാരബ്ധത്തിൽ നിന്നുള്ള മുക്തി അതിനുള്ള തത്വജ്ഞാനിയുടെ സ്വരൂപസമ്പത്തി എന്ന് പറയും വ്യവഹാരം ഒഴിയണമല്ലോ അപ്പോ അതിന് ഹേതുവായിരിക്കുന്ന ആ പുണ്യഭാവങ്ങൾ ഇല്ലാതാവും അതിനെയാണ് പ്രാരബ്ധെന്ന് പറയുന്നത് പ്രാരബ്ധിയുന്നത് ഫലം കൊടുക്കാൻ ആരംഭിച്ചതുകൊണ്ട് ആരബ്ധം ആരംഭിച്ചു കഴിഞ്ഞു അതുകൂടി നശിക്കണം അതിന് തത്വജ്ഞാനമായിട്ട് യാതൊരു ബന്ധവും അത് കർമ്മത്തിന്റെ തന്നെയാണ് അത് താൻ ചെയ്ത പൂർവകർമ്മങ്ങളുടെ ഫലമാണ് അതിനെ നിയന്ത്രിക്കുന്നത് അതിനെ നിശ്ചയിക്കുന്നത് ഇന്ന കർമ്മം ഇന്ന ഫലം ഇന്ന കർമ്മം ഇന്ന ഫലം നിശ്ചയിക്കുന്നത് ഈശ്വര നിയമം അതാണ് അത് ഈശ്വര സങ്കല്പമാണ് അതിനെ നിശ്ചയിക്കുന്നത് നടന്നോളും ശരീര വ്യാപാരങ്ങള്്യാപാരങ്ങള് വാഗ് വ്യാപാരങ്ങൾ എല്ലാം നടക്കും സ്വരൂപജ്ഞാനം കൊണ്ട് അജ്ഞാന സംശയാദി രോഗങ്ങളിൽ നിന്നെല്ലാം അയാള് മുക്തനായെങ്കിലും ഈ പ്രാരബ്ധ പുണ്യപാപ ഫലത്തിൽ നിന്നയാള് മുക്തനാകുന്നു അത് തുടരുന്നു അത് തുടരുന്നത് കൊണ്ടാണ് നമുക്ക് ആചാര്യനാകാൻ പറ്റിയത് വിശദമായ ചർച്ച ഉപദേശിക്കാൻ പറ്റിയത് തത്ത്വജ്ഞാനം കൊണ്ട് തന്നെ ആ മുക്തി അങ്ങ് സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ഇവിടെ ആചാര്യൻ നമ്മുടെ ശരീരം നശിക്കുന്നു പിന്നെ ആചാര്യൻ ഉപദേശിക്കുന്നുണ്ട് അതെന്താ അങ്ങനെ വന്നത് അതീശ്വര നിയമം ഇവിടെ അച്ഛൻ വേണം ഞാന് വേണം ഉപദേശം വേണം കളം വേണം പോലീസ് വേണം ഇതൊക്കെ ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് ആ നിയമത്തിനനുസരിച്ച് അതങ്ങനെ തുടരുന്നു അങ്ങനെ പ്രാരബ്ധു തന്റെ ഇച്ഛക്കനുസരിച്ചല്ല ഞാൻ എനിക്ക് വിശേഷിച്ചിരുന്നു എന്താണ് ശരീരം നിലനിൽക്കണമെന്നോ നാഫിന്നേത് മരണം നാഫിന് അന്തി ജീവിതം ശരീരം അവസാനിപ്പിക്കണമെന്നോ അവസാനിക്കണമെന്നോ എന്തെങ്കിലും ഒരു അഭ്യാസം കാണിച്ചിട്ട് കാലുമടക്കിയിരുന്നു മൂർധാവിലൂടെ പൊട്ടിക്കണമെന്നോ ഒന്നും ഞാൻ എനിക്ക് അക്കാര്യത്തിൽ സങ്കല്പമേ ഇല്ല എന്നുകൊണ്ട് ഞാൻ എനിക്ക് ഇത് ഇവന ശരീരം ാരബ്ധമാണ് പുണ്യപാപ ഫലമാണ് വ്യവഹാരങ്ങൾ അതിൻ്റെ ഫലമാണ് അത് തന്റെ നിയമങ്ങളൊന്നും അവിടെ ഇല്ല അത് ഈശ്വരന്റെ നിയമം സംഭവിക്കുന്നതാണ് സദേവ സൗമ്യമംഗസി സത്താണോ ഈ ജഗത്തിനെ പഞ്ചഭൂതങ്ങളെ പ്രകടമാക്കിയത് അപ്പോൾ ആ സ്വത്ത് തന്നെ ഇതിന്റെ നിയമങ്ങളും വെച്ചിട്ടുണ്ട് അങ്ങനെ ഉഷ്ണമാകണമെന്നും ജലം ശീതമാകണമെന്നൊക്കെ അവിടെ തന്നെ ഉള്ള നിയമങ്ങളാണ് ആ നിയമം അനുസരിച്ച് അത് നടക്കുന്നു എന്ന് സ്വപ്രാരബ്ധ സംബന്ധിച്ചുള്ള നിശ്ചിത ഉള്ളത് കൊണ്ട് തത്വവിജ്ഞാനിക്കെന്തെങ്കിലും ഒരു പ്രത്യേക അഭ്യാസത്തിലൂടെ ശരീരത്തെ അവസാനിപ്പിക്കേണ്ട കാര്യമില്ല ആത്മഹത്യ ചെയ്യേണ്ട അത് അതിന്റെ വഴിക്ക് പോകും പക്ഷെ ഈ തത്വത്തെ പൂർണമായി ഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് പറയുന്നു തത്വജ്ഞാനി മുക്തനാണ് എന്ന് പറയുന്നത് ഇതൊരു യോഗിയെ സംബന്ധിച്ച് പറയാൻ പറ്റത്തില്ല യോഗി ഈ പ്രാരബ്ധത്തെ കണ്ട് അസ്വസ്ഥനാകും ഇതെന്ത് പ്രാരബ്ധോ ഞാനും നേടിയിട്ടും വീണ്ടും ഇതൊക്കെ കാണുന്നു അപ്പോ യോഗി എന്തു ചെയ്യും ഇതിനെയൊക്കെ നിരോധിക്കാൻ ശ്രമിക്കും യോഗി ഇതിനെ നിരോധിക്കും ഇതും യോഗി അസഹിഷ്ണുവാണ് ഇതെന്ത് ശല്യമാണെന്ന് വിചാരിക്കും അതുകൊണ്ട് ഇതിനെ നിരോധിക്കാൻ ശ്രമിക്കും നിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ സമാധിയിലേക്ക് പോകും അങ്ങനെ സമാധിയിലേക്ക് പോയി ശരീരത്തെ അതാണ് യോഗത്തിന്റെ പഠിച്ച് തത്വജ്ഞാനി നിശ്ചിന്തനാണ് തത്വജ്ഞാനിയെ സംബന്ധിച്ച് എന്താണ് എന്നേഷ്ടകാംക്ഷത അതാണ് നില ആന്തരികമായ നില എന്തിനേയും വിദ്വേഷിക്കുന്നില്ല ഒന്നും കാഷിക്കുന്നു മുക്തൻ ബന്ധത്തെ ദ്വേഷിക്കുന്നില്ല മുക്തിയെ കാക്ഷിക്കുന്നു പിന്നെ എന്തിനു വേണ്ടി പരിശ്രമിക്കുന്നു പ്രാര സമർപ്പിതം സ്വഭു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ശരീരം പ്രാരബ്ദത്തിന് സമർപ്പിക്കാൻ ആ നിയമങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് പ്രാരബ്ദായ സമർപ്പിതം എന്ന് പറഞ്ഞാൽ എന്താണ് പുണ്യപാപ നിയമം ഈശ്വരീയമായ നിയമം അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതാണെന്നാണ് ഞാനിപ്പോ പ്രത്യേകിച്ചൊന്നും സമർപ്പിക്കുന്നു ഒന്നുമില്ല ആ ഇതന്റെ പ്രാരബ്ദമാണ് അനുഭവിക്കട്ടെ അങ്ങനെയുള്ള സങ്കല്പങ്ങളല്ല ഭാവനകളോ സങ്കല്പങ്ങളോ ഇല്ല ഞാൻ ഞാൻ കേവലം അവബോധം മാത്രമേ രണ്ടും രണ്ടാണ് ഞാനി അല്ലാത്തവൻ ഞാനിയാണെന്ന് കരുതുന്നതാണ് ഭാവന സങ്കല്പം എനിക്ക് അങ്ങനെ ഭാവിക്കേണ്ട സങ്കല്പിക്കേണ്ടിയെന്ന് ആവശ്യം വരുന്നില്ല മറിച്ച് ഞാനീ സംബന്ധിച്ചിടത്തോളം എന്നാണ് നേരത്തെ പറഞ്ഞ കേവലമായ അവഗതി മാത്രം അവഗതിയിൽ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ നിശ്ചിന്തനാണ് അതിനെ കുറിച്ചുള്ള വ്യാകുലതയില്ല അതുകൊണ്ടാണ് മുക്തനെന്ന് പറയുന്നത് വ്യാകുലതയില്ലാത്തത് മുക്തനാണ് അതെങ്ങനെയാ അത് സംഭവിക്കട്ടെ എന്നുള്ള അതിനെ കുറിച്ചൊന്ന് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നു അതങ്ങനെയാണോ ഇങ്ങനെയാണോ ചിന്തിക്കേണ്ടി വരുന്നത് കരണങ്ങൾ ഇന്ദ്രിയങ്ങൾ അതിന്റെ വഴിക്ക് പ്രവർത്തിച്ചോളൂ അങ്ങനെ പോകും മനസ്സിനും ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കൊക്കെ ഓരോ സ്വഭാവവും പ്രവൃത്തികളും ഒക്കെ ഉണ്ടല്ലോ അതാ ഞാനീടെ മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും എല്ലാം എന്ത് സ്വഭാവവും പ്രവൃത്തിയാണോ അതനുസരിച്ച് അത് പ്രവർത്തിച്ചോളൂ കൈകടത്തേണ്ട ആവശ്യമില്ല അജ്ഞനെപ്പോലെ കൈകെടുത്ത് പറഞ്ഞാൽ അതിനോട് താതാത്മ്യപ്പെട്ട് അതിന്റെ കർത്തൃത്വഭോക്തൃത്വങ്ങൾ ഏറ്റെടുക്കേണ്ട ആവശ്യമാണ് അതങ്ങനെ തുടരുമ്പോ അതിനും അവസാനം ആ ഒരു അവസാനം അതാണുള്ള പറയുന്നത് സത്സമ്പത്തി ജ്ഞാനിയുടെ സത്സമ്പത്തി ഞാനിയും അജ്ഞാനിയും തമ്മിൽ വ്യത്യാസമില്ലാത്ത എവിടെ ഒരേ ഒരു സ്ഥലത്ത് മാത്രം സുഷുദ്ധിയെ അവിടെ വ്യത്യാസം അവിടെ രണ്ടുപേർക്കും സത്സമ്പത്തി ഞാനിയും അജ്ഞാനിയും തമ്മിൽ വ്യത്യാസമുണ്ട് ഇവിടെ ഒരേ ഒരു സ്ഥലത്തത് ഈ ഉണർവിൽ ാണ് വ്യത്യാസമുള്ളത് ഇത് നമുക്ക് മനസ്സിലായല്ലോ ഉറങ്ങിയാ പോരാ ഉറങ്ങാൻ വേണ്ടിട്ടല്ലേ ഇത് പറയുന്നത് സാധനക്ക് പ്രാധാന്യമുണ്ട് സാധ്യത്തിനും പ്രാധാന്യമുണ്ട് അഭ്യാസത്തിനും പ്രാധാന്യമുണ്ട് ഫലത്തിനും പ്രാധാന്യമുണ്ട് നമ്മളിവിടെ പറയുന്നത് ഉറക്ക വേദാന്തല്ല ഇവിടെ തത്വജ്ഞാനിയെ കുറിച്ചും മോക്ഷത്തെ കുറിച്ചും പറയുന്നു പറയുന്നു കിയാൻ കാല സ്ഥിരമിത്തിച്ചത് യാവെന്ന വിമോക്ഷേ ന വിമോക്ഷത സാമർത്ഥ്യമണ ശരീരം ആരംഭം തസ്യഉപേനക്ഷയാ അത് അനുഭവം കൊണ്ട് ക്ഷയിക്കുന്ന വ്യവഹാരം കൊണ്ട് ക്ഷയിക്കുന്നു അനുഭവം കൊണ്ട് ക്ഷയിക്കാന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഞാനീ കാണുന്ന വ്യവഹാരം ആ വ്യവഹാരം പറയുന്നത് ഞാനീടെ സഹജഭാവത്തിൽ തുടർന്നു വരുന്ന കാര്യങ്ങൾ അതിന് വ്യവഹാരം അതിനാണ് പ്രാരബ്ധെന്ന് പറയുന്നത് അതിന് തന്നെ ഉപഭോഗം എന്നും പറയുന്നത് പ്രത്യേകിച്ച് ഞാനീ ഒന്നിനെ അനുഭവിക്കുന്നില്ല സ്വതത്വങ്ങൾ അനുഭവിക്കുന്നു അനുഭവിക്കണമെങ്കിൽ അതിനോട് താഥാമ്യ ഞാനീ അതിനോട് താതാന്യപ്പെടുന്നില്ല അതുകൊണ്ടെല്ലാം വിശേഷ അനുഭവം പക്ഷെ അതെ അനുവർത്തനമുണ്ട് അച്ഛൻ എങ്ങനെയാണോ അതിനോട് താതാന്യപ്പെട്ട് അതിനനുഭവിക്കുന്നത് അതുപോലെ ഞാനിന്നത് അനുവർത്തിക്കുന്നു ക്ഷയാ അതിന്റെ ക്ഷയം കർമ്മങ്ങൾ ഒടുങ്ങുമ്പോൾ ദേഹപാതയാവുക എന്നുവെച്ചാൽ എന്താണ് കർമ്മം ഒടുങ്ങുക എന്ന് പറഞ്ഞത് കർമ്മങ്ങളെല്ലാം ഒടുങ്ങുക പിന്നെ ദേഹം പതിക്കുക അങ്ങനെയല്ല കർമ്മങ്ങളുടെ അവസാനം തന്നെ ദേഹപാതം എന്ന് പറയും ഭൗതികമായ മരണമെന്ന് നമുക്ക് പറയാം ഈ ഭൂതങ്ങളിൽ നിന്ന് ജന്മം ഉണ്ടായി ആ ഭൂതങ്ങളിൽ ജന്മം അവസാനിക്കുന്നു ദേഹപാതമാണ് ഇവിടെ കർമ്മനാശം പ്രാരബ്ധനാശം കർമ്മക്ഷയം എന്നുള്ള അവിടെ ആ അവസ്ഥ എന്താ പറയുക അതിന് സമ്പത്തി അതുപക്ഷെ സുഷുദ്ധിയേന്റെ ജാഗ്രത ഉണ്ട് രണ്ടുമുണ്ട് ഉണർവ് ഉറപ്പുമല്ല കേവലം സത്തായ ശേഷിക്കുന്നു ആ നില നമുക്ക് വിളിക്കാം തിരിയൻ എന്ന് നമുക്ക്